ഓ വിശ്വാസികളെ അള്ളാഹുസുബഹാനഹൂവറ്റ ആല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം ഓർക്കുവിൻ ശത്രു സൈന്യങ്ങൾ നിങ്ങളുടെ അടുക്കിൽ വന്നപ്പോൾ അവരിലേക്ക് ഒരു കാറ്റിനെയും നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെയും ഞങ്ങൾ അയച്ചു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹുസുബഹാനഹൂവറ്റ ആല എല്ലാം കാണുന്നവനാകുന്നു